ജയിലിലെ എന്റെ കൂട്ടുകാരേ കൂട്ടുകാരെ നിങ്ങളിലൊരാൾ തൻറെ യജമാനന് വീഞ്ഞു നൽകും മറ്റൊരാൾ ക്രൂശിക്കപ്പെടും പക്ഷികൾ അവൻറെ തലയിൽ നിന്ന് ഭക്ഷിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ വിധി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു